ഒട്ടകങ്ങളിൽ രണ്ടു ഇനങ്ങളും പശുക്കളിൽ രണ്ടിന് ങ്ങളും നബിയേ പറയുക രണ്ട് ആൺമൃഗങ്ങളെയാണോ അവൻ നിഷിദ്ധമാക്കിയത് അതോ രണ്ട് പെൺമൃഗങ്ങളെയാണോ അതോ രണ്ട് പെൺമൃഗങ്ങളുടെ ഗർഭപാത്രങ്ങളിൽ ഉള്ളതിനെയാണോ അതോ അള്ളാഹു സുബഹാനഹൂവ തയാല ഇക്കാര്യം നിങ്ങളോട് കൽപ്പിച്ചപ്പോൾ നിങ്ങൾ സാക്ഷികളായിരുന്നോ അറിവില്ലാതെ ജനങ്ങളെ വഴിതെറ്റിക്കാൻ അല്ലാഹുവിനെതിരെ കളവുകെട്ടിച്ചമയ്ക്കുന്നവനേക്കാൾ വലിയ അക്രമി മറ്റാരുണ്ട് തീർച്ചയായും അക്രമികളായ ജനതയെ അള്ളാഹുസ്ബഹാനോവ തായാല സന്മാർഗത്തിലാക്കുന്നില്ല